സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹായികളാണ് അവർ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു അവർ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുസുബാനഹുവറ്റായാലയ്ക്കും അവൻറെ ദൂതനും അനുസരണക്കേട് കാണിക്കാതെ അനുസരിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹൂവറ്റായാല അവരെ കരുണ ചെയ്യും തീർച്ചയായും അള്ളാഹുസുബാനഹുവറ്റായാല പ്രതാപശാലിയും യുക്തിമാനുമാണ്